സത്യനിഷേധികളായ അവർ തന്നെയാണ് നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്നും തടഞ്ഞതും ബലിമൃഗങ്ങൾ അവയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയതും നിങ്ങളറിയാത്ത ചില സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരെ ചവിട്ടുകയും അറിവില്ലാതെ നിങ്ങൾക്ക് അവർ മുഖേന പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അള്ളാഹു സുബാനഹൂവത്ത് കാലാത്താൻ ഉദ്ദേശിക്കുന്നവരെ തൻറെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കാനാണത് അവർ വേർപിരിഞ്ഞിരുന്നെങ്കിൽ അവരിലെ സത്യനിഷേധികളെ വേദനയേറിയ ശിക്ഷകൊണ്ട് നാം ശിക്ഷിക്കുമായിരുന്നു